അധ്യായം ഇരുപത്തിനാല് അവന്റെ കാലത്ത് ബാബേൽ രാജാവായ നെബൂഗദനേസർ പുറപ്പെട്ടുവന്നു യഹോയാക്കീം മൂന്ന് സംവത്സരം അവന് ആശ്രിതനായിരുന്നു അതിന് ശേഷം അവൻ തിരിഞ്ഞ് അവനോട് മത്സരിച്ചു അപ്പോൾ യഹോവ കൽദയരുടെ പടക്കൂട്ടങ്ങളെയും അരാമ്യർ മോവാബ്യർ അമ്മോന്യർ എന്നിവരുടെ പടക്കൂട്ടങ്ങളെയും അവന്റെ നേരെ അയച്ചു പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തിരുന്ന വചനപ്രകാരം അവനവരെ യഹൂദയെ നശിപ്പിക്കത്തക്കവണ്ണം അതിന്റെ നേരെ അയച്ചു മനശ ചെയ്ത സകല പാപങ്ങളിൽ യഹൂദയെ തന്റെ സന്നദ്ധിയിൽ നിന്ന് നീക്കിക്കളവാൻ ഇത് യഹോവയുടെ കൽപ്പനപ്രകാരം തന്നെ അവർക്ക് ഭവിച്ചു അവൻ കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ച് യെരുഷലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല യഹോയാക്കീമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ യഹോയാക്കീം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ യഹോയാക്കീം അവന് രാജാവായി മിസ്രൈം രാജാവിന് മിസ്രൈം തോടു മുതൽ ഫ്രാത് നദി വരെ ഉണ്ടായിരുന്നതൊക്കെയും ബാബേൽ രാജാവ് പിടിച്ചതുകൊണ്ട് മിശ്രയും രാജാവ് പിന്നെ തന്റെ ദേശത്തുനിന്ന് പുറപ്പെട്ടു വന്നില്ല യഹോയാക്കീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പതിനെട്ട് വയസ്സായിരുന്നു അവൻ എരുശിലേമിൽ മൂന്ന് മാസം വാണു അവന്റെ അമ്മയ്ക്ക് നെഹുഷ്ട എന്നു പേർ അവൾ യെരുശലേമിയനായ ഏൽനാഥാന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ആ കാലത്ത് ബാബേൽ രാജാവായ നെബൂഗതനേസറിന്റെ ഭൃത്യന്മാർ യെരുശലേമിന്റെ നേരെ വന്ന് നഗരത്തെ നിരോധിച്ചു ഇങ്ങനെ ഭൃത്യന്മാർ നിരോധിച്ചിരിക്കുമ്പോൾ ബാബേൽ രാജാവായ നെബൂഗതനേസറും നഗരത്തിന്റെ നേരെ വന്നു യഹൂദരാജാവായ യഹോയാക്കീനും അവന്റെ അമ്മയും അവന്റെ ഹൃത്യന്മാരും പ്രഭുക്കന്മാരും ഷണ്ണന്മാരും ബാബേൽ രാജാവിന്റെ അടുക്കലേക്ക് പുറത്തു ബാബേൽ രാജാവ് തന്റെ വാഴ്ചയുടെ എട്ടാം ആണ്ടിൽ അവനെ പിടിച്ചു അവൻ യഹോവയുടെ ആലയത്തിലെ സകല നിക്ഷേപങ്ങളും രാജധാനിയിലെ നിക്ഷേപങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഇസ്രയേൽ രാജാവായ ഷലോമോൻ യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടാക്കിവച്ചിരുന്ന പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെയും യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഖണ്ണിച്ചുകളഞ്ഞു എല്ലാ യരുശിലേമ്മരെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി പതിനായിരം പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല യഹോയാക്കീനെ അവർ ബാബയിലേക്ക് കൊണ്ടുപോയി രാജമാതാവിനെയും രാജഭാര്യമാരെയും അവന്റെ ഷണ്ണന്മാരെയും ദേശത്തിലെ പ്രധാനികളെയും അവൻ ബദ്ധരാക്കി യഴുശിലമ്മിൽ നിന്ന് ബാബയിലേക്ക് കൊണ്ടുപോയി സകല ബലവാന്മാരുമായ ഏഴായിരം പേരെയും ആശാരിമാരും കൊല്ലന്മാരുമായ ആയിരം പേരെയും ഇങ്ങനെ യുദ്ധപ്രാപ്തന്മാരായ സകല വീരന്മാരെയും ബാബേൽ രാജാവ് ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി അവന് പകരം ബാബേൽ രാജാവ് അവന്റെ ചിറ്റപ്പനായ മഥന്യാവ് രാജാവാക്കി അവന് സിതക്കിയാവ് എന്ന് പേർ മാറ്റിയിട്ടു സിതക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം എരിശ്ലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് ഹമൂദൽ എന്നു പേർ അവൾ ലിബ്നക്കാരനായ ഇരമ്യാവിന്റെ മകൾ ആയിരുന്നു യഹോയാക്കീം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവയുടെ കോപം ഹേതുവായി എരിശ്ലേമിനും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു അവനൊടുവിൽ അവരെ തന്റെ സന്നദ്ധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്നാൽ സിതക്കിയാവും ബാബേൽ രാജാവിനോട് മത്സരിച്ചു